അദ്ദേഹം പറഞ്ഞു എന്റെ ജനതയെ അള്ളാഹുസുബാനുഹുവറ്റാലയേക്കാൾ കൂടുതൽ ശക്തി എന്റെ ഗോത്രക്കാരാണോ നിങ്ങൾക്ക് നിങ്ങൾ അവനെ നിങ്ങളുടെ പിന്നിലായി തള്ളിക്കളഞ്ഞുവല്ലോ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് എന്റെ രക്ഷിതാവെല്ലാം അറിയുന്നവനാണ്